ാണ് നാകപൃഷ്ടം ന നാഗപൃഷ്ഠം ന സാർവഭൗമം നരസാധിപത്യം ന യോഗസിദ്ധി അപുനർഭവം സമഞ്ജസത്വാഹയ്യകാംക്ഷ വാക്ക് വളരെ പ്രധാനമാണ് സമഞ്ജസനെ വിട്ടിട്ട് എനിക്ക് വേറെ ഒന്നും വേണ്ടെന്നാണ് കാരണം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ സമഞ്ജസനായ ഭഗവാനെ ഞാൻ വിട്ടുപോകും ഭഗവാൻ സിദ്ധനാണ് സമഞ്ജസൻ എന്ന് വെച്ചാൽ എല്ലാം കൂടിച്ചേർന്നവൻ എന്ന് സർവരസോധി എന്നർത്ഥം ആത്മാവായ ഭഗവാനെ വിട്ടിട്ട് വേണം വെളിയിലുള്ള ഒരു വസ്തുവിനെ ആശിക്കാൻ എനിക്ക് സ്വർഗമം വേണ്ട പുനർജന്മം വരാതിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കണില്ല ഇങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ട് നാമം ജപിക്കുക ഇങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ നാമം ജപിക്കുന്നത് എനിക്ക് എപ്പോ മോക്ഷം കിട്ടും എനിക്ക് എപ്പോ ആത്മസാക്ഷാത്കാരം കിട്ടും എനിക്ക് ഒന്നുമല്ല സകല ആഗ്രഹങ്ങളെയും വിട്ടിട്ട് ജീബ് രാമരാമ ഭാഗവതധർമ്മം നമുക്ക് അപ്പോഴാണ് എന്തുകൊണ്ടായി ഈ ഭക്തന്മാര് നാമം ചൊല്ലുമ്പോഴേക്കും രുചിയുണ്ടായി ആനന്ദമുണ്ടായി നാമം വായിൽ ചൊല്ലുമ്പോഴേക്കും ആനന്ദമായിരുന്നു സുന്ദരമൂർത്തി സ്വാമികൾ പാടി എന്റെ മനസ്സ് നിൽക്കില്ല എനിക്ക് വാക്ക് നിൽക്കില്ല എന്തൊക്കെയാണെങ്കിലും നാ ചൊല്ലും ഉന്തൻ നാമമേ എന്തൊക്കെ തന്നെ പോയാൽ എന്നെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമെന്നാണ് എന്നുവെച്ചാൽ ഒന്നും വേണ്ട എനിക്ക് യാതൊന്നും എനിക്ക് ആവശ്യമില്ല ഞാനൊന്നും ചോദിക്കണില്ല എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ നാമം ജപിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അദ്ദേഹം ഒരു തേവാരത്തിൽ ആ ഭക്തന്മാരുടെ ജീവിതമൊക്കെ അവരുടെ പാട്ടുമൊക്കെ നോക്കാം ത്യാഗരാജൻ ത്യാഗരാജ കീർത്തനങ്ങളൊക്കെ രാമനോട് സംസാരിക്കണതാണ് സംവാദമാണ് അല്ലാതെ വെറുതെ പാഹിമാം പാലയമാം ദേഹിയോട് അവസാനിക്കില്ല അത് ഒക്കെ വർത്തമാനം പറയലാണ് കംപ്ലയിന്റ് പറയും എന്താന്ന് വെച്ചാൽ ആരുടെ അടുത്താ പറയണത് സിദ്ധനായ ഭഗവാന്റെ അടുത്താണ് അപ്പൊ പല വിഷമങ്ങളും പറയും ഒരു കീർത്തനത്തെ ത്യാഗരാജൻ പറയണു എന്നെ വല്ലാതെ ഏട്ടം ബുദ്ധിമുട്ടിക്കണോ നാട്ടുകാരൊക്കെ എന്നെ കളിയാക്കണു പരിഹസിക്കണു കുടുംബത്തിൽ പല പ്രശ്നങ്ങള് പല കഷ്ടങ്ങള് ഞാനോ എന്നെ അല്ലാതെ അറിയില്ല രാമനാമവും ജപിച്ചുകൊണ്ടിരിക്കണു ഞാൻ പൂജ ചെയ്യുന്നത് നൈവിദ്യം ചെയ്യുന്നതും ഒക്കെ നീ വാങ്ങിവെച്ചു എന്നിട്ട് കഷ്ടമൊക്കെ പറഞ്ഞപ്പോ രാമൻ പറഞ്ഞു എത്രയേ സഹിച്ചോളൂ എന്ന് പറഞ്ഞു അത്ര എല്ലാ ബുദ്ധിമുട്ടുകളും പറഞ്ഞപ്പോ രാമൻ പറഞ്ഞു എത്ര ത്യാഗരാജനോട് എന്റെ ഭാഗവതന്മാരൊക്കെ വളരെ സഹനശക്തിയുള്ളവരാണ് സഹിച്ചോളൂ എന്ന് എന്താ അതാണ് മാർഗമെന്നാണ് ഇതൊക്കെ ചോദിക്കുന്നതൊക്കെ അവസാനിച്ചാൽ നാമം മധുരമായിട്ടിരിക്കും എന്താ ഓരോ നാമത്തിലും ആത്മരസം ആത്മ അനുഭവം പ്രകാശിക്കാം സീക്രട്ട് ആഗ്രഹമല്ല ആഗ്രഹമില്ലായ്മയാണ് ഓരോ ആഗ്രഹത്തിന് പുറകിലും ആഗ്രഹിക്കുക ആ എന്നാണ് എന്നുവെച്ചാൽ പിടിക്കുക അർത്ഥം ഈ പിടിക്കാൻ ഒരാൾ പിടി വേണമല്ലോ പിടിക്കണമെന്ന് വേണമല്ലോ അയാളുള്ളവരെ വസ്തു കിട്ടില്ല നമ്മൾ ദൃഷ്ടി പുറത്തായിരിക്കും ആ ഗ്രഹം ഇല്ലെങ്കിൽ അനുഗ്രഹം അനുഗ്രഹം എന്താ വിടോദ പിടിക്കുക ആരെ ഭഗവാനെ ഭഗവാനെ ഇങ്ങനെ പിടിക്കും അപ്പോഴാണ് പറഞ്ഞത് ഭഗവാൻ പിടിക്കാനുള്ളതല്ല ബാക്കിയുള്ള പിടിയൊക്കെ വിട്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടേന്ന് ചോദിച്ചാൽ ജാമ്യം ചോദിച്ചോളൂ എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ ശരി എന്തെങ്കിലും ചെയ്യണം നാമം ജപിച്ചുകൊണ്ടേയിരിക്കാം അതിനൊരാദിയുമില്ല അന്തുവുമില്ല നൃത്തവും വേണ്ട എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും പ്രവൃത്തിയിൽ അഭിമാനം സങ്കല്പമൊന്നും വരാതിരിക്കാനാണ് ഭക്തന്മാരൊക്കെ പറഞ്ഞ വഴി എന്താ കൈ ജോലി ചെയ്യട്ടെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കും കാല് നടക്കട്ടെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കും നാമം ജപിക്കുമ്പോ എന്താ സ്മരണയുണ്ട് മത്ഭക്ത ഭഗവാന്റെ ദാസനാണ് ഞാൻ ഭഗവാനേ ഉള്ളൂ ഭഗവാനാണ് ഗതി ഓരോ നാമത്തിനും അതാണല്ലോ അർത്ഥം എന്തെങ്കിലും അർത്ഥം പറയണമെങ്കിൽ എന്താ ഭഗവാനേ ഉള്ളൂ ഭഗവാൻ മാത്രമാണ് സത്യം അതാണ് നാമത്തിന് അർത്ഥം വേറെ അർത്ഥമൊന്നും പറയാനില്ല ഞാനില്ല നീയേ ഉള്ളൂ അതാണ് അപ്പർത്ഥം സകല വേദാന്തവും അതിലടങ്ങി ഏറ്റവും സിംപിളസ്റ്റ് സാധന അതിൽ സകല വേദാന്തവും പൂർത്തിയായി സകല യോഗസാധനകളും പൂർത്തിയായി സംഘവർജിത യാതൊന്നിലും പറ്റില്ലാതിരിക്കണമെങ്കിൽ ചിത്തവൃത്തികൾ വരാതിരിക്കണം ചിത്തവൃത്തികൾ വരാതിരിക്കണെങ്കിലോ ഈ ഭഗവന്നാമ സ്മരണം എന്നുള്ള ചിത്തവൃത്തി ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ സംഘവർജിത നിർവൈര ആരോടും വെറുപ്പും ദ്വേഷവും ഭഗവന്നാമ സങ്കീർത്തനം ചെയ്തുകൊണ്ട് ഭഗവത് സ്മരണ ഭഗവാനെ സ്മരിക്കുമ്പോ തന്നെ സകല പ്രേമസ്വരൂപനായി ഭഗവാനെ ഹൃദയത്തിൽ സ്മരിക്കുമ്പോൾ എങ്ങനെ വെറുക്കാൻ പറ്റും നിർവൈര സർവഭൂദ്ഷവും നാമാനി ഹനന്തസ് ഹതത്രപഹ്പട്ടൻ ഗുഹ്യാ ഭദ്രാണി കൃതാണി ച സ്മരന് ഗാം പര്യട്ടുഷ്ടമനാഹ ഗതൃഹ കാലം പ്രതീക്ഷന് വിമതോ വിമത്സര എങ്ങനെയാണ് നാമം ജപിക്കേണ്ടതെന്ന് ആടത മനുഷ്യ പറയാം വിമത ഞാൻ നാമം ജപിക്കണോ ഇത്ര ജപിക്കണോ എന്നുള്ള അഹങ്കാരമൊന്നുമില്ല എന്നാണ് ഭക്തന്റെ ഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ മരണം വരെ ഈ ശരീരം കൊണ്ട് നടക്കണം എവിടെയും വീണു അതുവരെ എന്തെങ്കിലും ചെയ്യണമല്ലോ അതുകൊണ്ട് മാത്സര്യം കോമ്പിറ്റീഷനൊന്നും ഞാനില്ല എന്നാണ് ലോകത്തിൽ ഞാൻ ഫസ്റ്റ് ബെഞ്ചിലേക്കേ ഇല്ല ലാസ്റ്റ് ബെഞ്ചിലിരുന്നോളാം അവൻ എളുപ്പാണ് മാത്സര്യത്തിനേ ഇല്ല ഭാഗവതം കേൾക്കാൻ ആരാ യോഗ്യെന്ന് വെച്ചാൽ മാത്സര്യമില്ലാത്തവൻ വിമതോ വിമത്സര ഗാം പര്യട്ടൻ ഭൂമിയിൽ അവന്റെ പ്രാരബ്ധം കഴിയുന്നവരെ എവിടെ പോകണോ സഞ്ചരിക്കണോ സഞ്ചരിക്കും അനന്തസ്യ ഹതത്രപഠന് മനസ്സിൽ ചാഞ്ചല്യമൊന്നുമില്ല ലജ്ജയില്ല അഭിമാനമില്ല നാമസങ്കീർത്തനം ചെയ്യുന്നു ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരന് നാമം ജപിക്കുമ്പോൾ മനസ്സിന് വല്ല ജോലി വേണ്ടേ വേദാന്ത ചെയ്യണം അതാണ് ഗുഹ്യാനി ഭദ്രാണി ഭഗവൻ നാമത്തിനെയോ ഭഗവത് കഥകളെയോ മഹാപുരുഷന്മാരുടെ സ്വരൂപത്തിനെയോ ഒക്കെ സ്മരിക്കണം കൃതാനി ഭഗവാന്റെ ലീലകളെയും അല്ലെങ്കിൽ നമ്മളിൽ കൂടെ തന്നെ ഭഗവാന്റെ അനിർവചനീയമായ പ്രവൃത്തികളെയൊക്കെ കണ്ട് സന്തോഷിക്കാം ഭഗവാൻ കൃത്യാനി എന്ന് വെച്ചാൽ ഭഗവാന്റെ കഥകൾ മാത്രല്ല നമ്മളുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാം നമ്മുടെ അഹന്ത പോകുമ്പോൾ പ്രവൃത്തി ആശ്ചര്യമായി നടക്കുന്നത് കാണാം ഇത് നമ്മളുടെ പ്രവൃത്തിയല്ല ഇത് ഭഗവാന്റെ ലീലയാണ് ഗാം പര്യടന് തുഷ്ടമനാഹ ഉള്ളിൽ നിറഞ്ഞ പൂർണ്ണത ഗതസ്പൃഹ അങ്ങനെ നാമം ജപിക്കാം അങ്ങനെ നാമം ജപിക്കുന്ന ആള് മാമേ തി പാണ്ഡവ ഭഗവാൻ പറഞ്ഞു അവനെ എന്നെ പ്രാപിക്കും പ്രാപിക്കുന്ന എന്താ ഉറപ്പ് പ്രാപ്തഹായവ പ്രാപിച്ചു കഴിഞ്ഞു എന്നാണ് സ മുക്തഹലൂ അവന് പ്രാപിക്കാനൊന്നുമില്ല കാരണം എന്താ പ്രാപിച്ചു കഴിഞ്ഞ വസ്തുവാണ് കിട്ടിക്കഴിഞ്ഞ വസ്തുവാണ് താനല്ലാത്തതിനുമൊക്കെ നീക്കിയാൽ മതി ഇത്രയും ഭഗവാൻ വിശ്വരൂപ ദർശന യോഗം അവസാനിപ്പിക്കുമ്പോ പറഞ്ഞു കർമ്മവും ചിത്തവൃത്തിയും ബുദ്ധിവ്യാപാരവും ശരീരവ്യാപാരവും ഒക്കെ ഭഗവാൻ അർപ്പണം ചെയ്ത് ഞാനെന്നുള്ള അഭിമാന ചലനമേയില്ലാത്ത ആ സ്ഥിതിയിലേക്ക് വന്നാൽ എന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞു അത് തന്നെയാണ് ഭക്തി എന്നും പറഞ്ഞു അനന്യഭക്തി ഭഗവാൻ എന്ന് അന്യമായ ഒന്നുമില്ല അവന് ഭക്തൻ രാമകൃഷ്ണദേവൻ ഇടയ്ക്കിടയ്ക്ക് പറയും കുഞ്ഞെ ഭഗവാൻ മാത്രമേ ഉള്ളൂ കുട്ടി ഭഗവാനല്ലാതെ മറ്റൊന്നും നിത്യമല്ല ബാക്കിയൊക്കെ നശ്വരമാണ് അനിത്യം അസുഖം ലോകമിമം പ്രാപ്യ ഭജസ്വമാം എന്ന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയും ഇത് ഓർക്കാണ് ജീവിതത്തിനൊരു വഴി ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊള്ളുക ഇവിടെ നേടിയെടുക്കുന്നതോ ഒക്കെ നഷ്ടപ്പെട്ടു പോവും സമ്പാദിക്കുന്നതൊക്കെ വിട്ടുപോകും ചെയ്യുന്നതൊക്കെ അവസാനിക്കും ചിന്തിക്കുന്നതൊക്കെ മാറിപ്പോകും കൂട്ടുള്ളവരൊക്കെ വിട്ടുപോകും അതുകൊണ്ട് ഇതൊക്കെ വിട്ടുപോകുന്നതിന് മുമ്പ് നിത്യമായ വസ്തുവിനെ പിടികൂടണം അത് പിടികൂടേണ്ട വസ്തുവല്ല അതിനൊരു പുതിയ മാർഗമാണ് സത്സംഗം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ സത്സംഗത്തിന് ആശ്രയിക്കണം എന്ന് പറയണമെന്ന് വെച്ചാൽ യോഗവാസിഷ്ടത്തിൽ വസിഷ്ഠൻ പറഞ്ഞു പരമാത്മാവിനെ അറിയാനുള്ള സൂത്രപ്പണി കിട്ടുമെന്നാണ് കൗശലം ജനകൻ അതാണ് പറഞ്ഞ കുതശ്ചിത് കൗശലാദേവ പരമാത്മാവിലോക്യതെന്നാണ് കുറച്ചു നേരം മുമ്പ് എനിക്ക് ലോകം കണ്ടു ഒക്കെ കണ്ടു പരമാത്മാവിനെ കണ്ടില്ല ഇപ്പൊ എന്തോ കൗശലം കൊണ്ട് പരമാത്മാ കാണുന്നു അത് ഒരു പ്രോസസ് കൊണ്ടേ അല്ല നേരം അത് എങ്ങനെ ഞാൻ കാണാതിരുന്നു എനിക്ക് ഞാൻ തിരുപ്പൂര് പ്രഭാഷണം നടത്തുമ്പോ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് തോന്നുന്നു ത്രീ ഡയമെൻഷണൽ ഫോട്ടോ ആ ഫോട്ടോയില് നേരിട്ട് നോക്കിയാൽ നമുക്കൊന്നും കാണുന്നില്ല കൊറേ പുഷ്പങ്ങള് അവര് പറഞ്ഞു ഈ ഫോട്ടോയിൽ എന്താ ഉള്ളത് ചോദിച്ചു ഒന്നും നോക്കുന്നു നോക്കി ഒന്നും കണ്ടില്ല അപ്പൊ അവര് പറഞ്ഞു ഈ ഫോട്ടോയിലുള്ള പുഷ്പങ്ങൾ ഒന്നും നോക്കാതെ അതിലെ കണ്ണാടിയാണല്ലോ അതിൽ നമ്മളുടെ ഒരു റിഫ്ലക്ഷൻ കാണും ആ പുഷ്പങ്ങൾ ഒന്നും നോക്കാൻ പാടില്ല പുഷ്പങ്ങളൊക്കെ കണ്ടിട്ട് അത് നോക്കാൻ പാടില്ല പറയണം അതിന് പുറകിൽ കാണുന്ന നിങ്ങളുടെ പ്രതിഫലനത്തിനെയും ശ്രദ്ധിക്കാം ഒരു അഞ്ചു മിനിറ്റ് ശ്രദ്ധിച്ചപ്പോണ്ട മൂന്നാമതൊന്ന് ഈ പുഷ്പങ്ങൾ മുമ്പ് നേരിട്ട് നോക്കിയാൽ കാണുകയേയില്ല കുറെ നേരം നമ്മളുടെ റിഫ്ലക്ഷനിൽ നോക്കിക്കൊണ്ടിരുന്നാൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശിവൻ അതിന് പുറകുന്നങ്ങനെ വിമർജാവുക ഞാൻ ഫോട്ടോ ഇതിൻ്റെ അടുത്തുണ്ട് കൊണ്ടുവന്ന് ഇത് അവര് അവര് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് അൺകൺവെൻഷണൽ വേ ഓഫ് ലുക്കിംഗ് ആയിട്ടിരുന്നതാണ് നമ്മളൊക്കെ എന്താ നേരിട്ട് കാണുന്നതിനെ കാണും യോഗികൾ പറഞ്ഞത് നേരിട്ട് കാണരുത് വിരൂപാക്ഷം കൊണ്ട് കാണുക എന്നാണ് ഋതകം സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണ പിങ്കളം വിരൂപാക്ഷം വിരൂപാക്ഷം എന്ന് വെച്ചാൽ അക്ഷം എന്ന് കണ്ണ് കണ്ണുകൊണ്ട് രൂപത്തിനെയാണ് കാണുക രൂപത്തിനെ കാണാതെ കാണണോ വിരൂപാക്ഷം എന്നുവെച്ചാൽ അങ്ങനെ കാണാൻ പഠിക്കണതാണ് സത്സംഗം എന്നാണ് നമ്മൾ പുറമേക്ക് കാണുന്നു ഇപ്പൊ കാണുന്നവനെ കാണണം അറിയുന്നവനെ അറിയുകയാണ് ധ്യാനിക്കണവനെ ധ്യാനിക്കുകയാണ് ചിന്തി ചിന്തിക്കുന്നവനെ ചിന്തിക്കുകയാണ് പ്രപഞ്ചത്തിനെ നമ്മൾ ഇത്ര ശ്രദ്ധിച്ചു ഇപ്പൊ ശ്രദ്ധിക്കണവനെ ശ്രദ്ധിക്കുക അപ്പോഴാണ് പൂർണ്ണത ഇത്രയും പറഞ്ഞപ്പോ അർജുനൻ ചോദിച്ചു ആ ചോദ്യത്തിൽ അടുത്ത അധ്യായം ഭക്തിയോഗം നമ്മള് നാളെ തുടർന്ന് കാണാം നാളെ രാവിലെ ഏഴുമണി മുതൽ എട്ട് മണിവരെ രാവിലത്തെ സത്സംഗം ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ശബ്ദം നല്ലവണ്ണം കേൾക്കേണ്ടത് പക്ഷെ വോയിസ് ശരിക്കും കിട്ടുന്നില്ലേ എനിക്കതാണ് നോക്കിയതാണ് പാർഥ പ്രതിബോധിതം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണവധ്യംബമനുസന്ദി ഭഗവത്ഗീതീ നമോസ്തു തേ വ്യാസവിശാലുദ്ധേ ഫുല്ലേത്ര एनत्वया ഭരൈലൂർണ प्रज्वालितो ज्ञानमयप्रदीपः പ്രദീപ പ്രപന്നിജാതോത്രേത്രൈകാണേ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേ നമോപനിഷദോ ഗാവോ ദോ ഗോപനന്ദന പാർോ വത്സുധീർഭോക്തഗ്ധീതമൃതം മഹത് വസുദേവസുത ദിവസാണൂരമർദന ദമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു മൂക്കം കരോളം പങ്കും ലംഘയത്തെ ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുൻൻവത്തിവ്യൈ സ്തൈ വേദൈ സ്രമോപനിഷദൈർ ഗായഗാ ധ്യനവസ്തത്തെ മനസാ പശ്യം യോഗിന് യം ന വിദുസുരാഗണാ थिपेण श्रावय शुभांगिथसो देव कृप मूर्ति स पात ना ശ്ലോകം ചൊല്ല തിരിച്ചു ചൊല്ലീ അർജുന ഉച്ച സതയുക്തേ ഭക്തസ്വാൻ പര്യുപാസത്തെ तेशाम के योगवित्तमाहा तेशाम के योगवित्तमाहा െ നാരദമഹർഷി എങ്ങനെ പറഞ്ഞിരിക്കുന്നുവെന്നും പല ഭക്തന്മാരും എന്തു പറഞ്ഞിരിക്കുന്നുവെന്നും പലവിധത്തിലും അനുസന്ധാനം ചെയ്തു നമുക്ക് സ്നേഹം കൂടാതെ ജീവിക്കാൻ വയ്യ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക ഇതാണ് മനുഷ്യന് ജീവിത ജീവിക്കുന്നതിന് തന്നെ ഒരു പ്രയോജനമായിട്ട് ഉള്ളത് അതിന്ന് തന്നെയാണ് സകല സുഖവും ദുഃഖവും വരണത് ഒന്നും സ്നേഹിക്കാനില്ലെങ്കിൽ അനുഷ്യബിനെ ജീവിക്കില്ല എന്തെങ്കിലും ഒന്ന് വേണം എവിടെയെങ്കിലും ഒരിടത്ത് സ്നേഹിക്കണം എന്തിനെങ്കിലുമൊക്കെ സ്നേഹിക്കണം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിയോ നായക്കുട്ടിയോ എന്തെങ്കിലുമൊക്കെ പിടിച്ചു വയ്ക്കും സ്നേഹിക്കുമ്പോ സ്നേഹിക്കപ്പെടുന്ന വസ്തുവിനേക്കാളും സ്നേഹിക്കുന്ന ആളിൽ എന്തോ സംഭവിക്കണോ ഒരു നിറവ് ഉണ്ടാവണതുകൊണ്ടാണ് ഈ സ്നേഹം ഇത്രയധികം ജീവിതത്തിൽ പ്രധാനമായിട്ട് തീരണത് ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുമ്പോ ആ സമയത്ത് നമുക്ക് മറ്റൊന്നുമില്ല ദേശകാലങ്ങളൊന്നുമില്ല സ്നേഹിക്കപ്പെടുമ്പോഴും അതെ അപ്പൊ ഇഷ്ടം പ്രിയം വരുമ്പോ പ്രിയം വരുമ്പോ നമുക്കൊരു സുഖം തോന്നണോ പൂർണ്ണത തോന്നണോ ഈ പ്രിയത്തിനെ തന്നെ ബ്രഹ്മത്തിന്റെ സ്വരൂപമായിട്ട് അറിയുക എന്ന് തൈത്തിരിയോപനിഷത്തിലെ ഒരു പക്ഷവർണ്ണനയുണ്ട് തസ്യമേവ ശിരഹ മോദോ ദക്ഷിണപക്ഷമോദ ഉത്തരപക്ഷനന്ദ ആത്മാമേവി ബ്രഹ്മത്തിനെ ഒരു പക്ഷിയാക്കി സങ്കൽപ്പിച്ചാൽ അതിൻ്റെ ശിരസ് പ്രിയമാണ് മോദം വലതുപക്ഷമാണ് പ്രമോദം ഇടതുപക്ഷമാണ് ആനന്ദം അതിൻ്റെ ആത്മാവാണ് ഹൃദയമാണ് അപ്പൊ പ്രിയം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വയ്ക്കുമ്പോ സുഖം ഉണ്ടാവണതിന് കാരണം എന്താണ് നമ്മളുടെ സ്വസ്വരൂപത്തിനെ തന്നെയാണ് തൽക്കാലത്തിലേക്ക് അനുഭവിക്കണത് പക്ഷേ നിത്യമായി പ്രിയം തരുന്ന ഒരു വസ്തു ലോകത്തിലില്ല ഒരു വസ്തുവിനെ ആശ്രയിച്ചുകൊണ്ട് നിത്യമായി പ്രിയം വയ്ക്കാൻ നമുക്കും സാധിക്കില്ല ലോകത്തിൽ ഇഷ്ടപ്പെട്ട് പല സാധനങ്ങളും നമ്മള് വസ്തുക്കളും വ്യക്തികളെയും ഒക്കെ നമ്മൾ സ്വീകരിക്കണു കുറച്ചു കഴിഞ്ഞ് നോക്കിയാൽ കാണാം ആദ്യം ഉണ്ടായിരുന്ന ഇഷ്ടമൊന്നുമില്ല കൊച്ചു കുട്ടികളെ തെരുവിൽ കൂട്ടിക്കൊണ്ടുപോയാൽ നമ്മളിപ്പോ ബസ്സിലോ കാറിലോ കൂട്ടിക്കൊണ്ടുപോയാൽ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കടയിൽ കണ്ടുവച്ചിട്ടുണ്ടാവും അത് കിട്ടണവരെ മൂന്ന് ദിവസം നെലവിളി കൂട്ടും വാശി പിടിക്കും വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു എക്സൈറ്റ്മെന്റ് സന്തോഷം രണ്ടു ദിവസം അത് തന്നെ വെച്ചുകൊണ്ടിരിക്കും മൂന്നാം ദിവസം അതവിടെ കിടക്കും കുട്ടികളെ പിന്നെ അത് തിരിഞ്ഞേ നോക്കില്ല കുട്ടികളെ പോലെ തന്നെയാണ് നമ്മളും വലിയ കുട്ടികൾ അത്രയേ ഉള്ളൂ വലിയ കുട്ടികള് വലുതായി കഴിയുമ്പഴ് നമുക്ക് പലതും വേണമെന്ന് തോന്നും അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം പൂർണമായും തോന്നും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണം നോക്കൂ അതിനു മുമ്പ് എന്തൊരു എക്സൈറ്റ്മെന്റ് എന്തൊക്കെ കവിതയും പാട്ടുമൊക്കെ വരും ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷില് ബിഫോർ മാരേജ് ഇറ്റ് ഇസ് പോയിട്രി ആഫ്റ്റർ മാരേജ് ഇറ്റ് ഇസ് പ്രോസ് ലേറ്റർ ഓൺ ഇറ്റ് ഇസ് ട്രാജഡി എന്ന് ആദ്യം കവിതയാണ് അത് സംഗീതവും പാട്ടും ഒക്കെ ആയിട്ട് വരും നടക്കുന്നതിന് മുമ്പ് അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് കിട്ടണം കിട്ടണം കിട്ടിക്കഴിഞ്ഞാലോ പിന്നെന്താ പിന്നെ കുറെ കഴിയുമ്പോ അതൊന്നും പോയി പ്രിയം കുറച്ചു കഴിഞ്ഞാൽ അതൊക്കെ എന്താന്ന് വെച്ചാൽ പുറത്തുള്ളതൊന്നും തന്നെ നിൽക്കണില്ല യാതൊന്നിലും നിത്യമായിട്ട് പ്രിയം കിട്ടണില്ല നമ്മളെ കൊണ്ടും ഒരാളെയും നിരന്തരം സ്നേഹിക്കാൻ സാധിക്കില്ല നമ്മളുടെ കുറ്റമല്ല ആ വ്യക്തിയുടെ കുറ്റവുമല്ല നിയതിയുടെ കുറ്റവുമല്ല ഇന്നലെ ഞാൻ പറഞ്ഞു ഉള്ളിലൊരാളുണ്ട് അയാൾ വേറെ ഒന്നിനെയും അധിക നേരെ വികല്പ അസഹിഷ്ണുഹൂ എന്നാണ് രണ്ടാമതൊന്നിനെ കുറെ കഴിഞ്ഞ തള്ളിക്കളയുന്നു കുറച്ചു നേരത്തേക്കേ സമ്മതിക്കുള്ളൂ കുറച്ചു നേരത്തേക്ക് സമ്മതിക്കാൻ കാരണവും എന്താ കുറച്ചു നേരത്തേക്ക് ആ ഉള്ളിലുള്ള ആളെ നമ്മളവിടെ കണ്ടു പക്ഷെ അറിയാത്തതുകൊണ്ട് അത് അയാളെയാണ് കാണുന്ന അറിയാതെ സ്നേഹിച്ചു കുറെ കഴിയുമ്പോ അദ്ദേഹം ആ പവറിനെ ആനന്ദമെന്ന കലയെ ഉള്ളിലേക്ക് വലിക്കും ആ ആനന്ദമെന്ന കല തൽക്കാലത്തേക്ക് അതിലേക്ക് കണ്ടപ്പോ അതുപോലെ എന്ന് വിചാരിച്ചു ആ ആനന്ദം എന്ന കലയെ ഉള്ളിലേക്ക് വലിക്കുമ്പോ എന്തായി ആ പ്രിയം പോയി ചിലപ്പോ ദ്വേഷവും വെറുപ്പും മാറും ലോകത്തിലെ എല്ലാ വസ്തുക്കളോടുള്ള പ്രിയത്തിനും ഇത് സ്വഭാവമാണ് പ്രിയമെന്ന് പറഞ്ഞത് തന്നെ ലക്ക് പോലെ ഇപ്പോ കേടുവരുത്തി കിടന്നിട്ടുള്ള വാക്ക് വേറൊന്നുമില്ല ആ പ്രിയം എന്നുള്ളത് പൂർണതയാണ് ബ്രഹ്മത്തിന്റെ ആനന്ദം എന്ന കലയാണ് എന്ന് പറഞ്ഞു നമ്മള് ആ ആനന്ദം പ്രിയം വരുമ്പോഴാണ് ആനന്ദം ഉണ്ടാവണത് പക്ഷെ നിത്യമായി പ്രിയം വെക്കാൻ ഒരു വസ്തു കാണാനില്ല നിത്യമായി എവിടെ പ്രിയം വെക്കും ലോകത്തിൽ എന്തിനോട് പ്രിയം വെച്ചാലും നോക്കണം പ്രിയം വെക്കണത് കൊണ്ട് നിറവുണ്ടാവുന്നത് നമ്മളിലാണ് ഒരു കൊച്ചുകുട്ടിയെ എടുത്ത് ചുംബിക്കുമ്പോ കുട്ടി നിലവിളിക്കും അതിനൊരു സുഖമൊന്നുമില്ല ഈ ചുംബിക്കുന്ന ആളുടെ മീശയും താടിയൊക്കെ അതിനെ കുത്തി വിഷമിപ്പിക്കുമ്പോ അത് നിലവിളിക്കും ഇഷ്ടമില്ലാതിന് എന്നാലും ആർക്കാപ്പൊ സുഖം ഈ ചുംബിക്കുന്ന ആൾക്കാണ് കുട്ടിക്കൊന്നുമല്ല പല എല്ലാത്തിന് പുറകിലുള്ള പ്രിയത്തിലും നോക്കിയാൽ അവസാനം ഇവിടെ വന്നു നിൽക്കും ആത്മനസ്തുകമായ സർവം പ്രിയംഭവത്തി ഏറ്റവും വലിയ പ്രിയം പ്രിയം സുഖം എവിടെ ഉണ്ടോ അവിടെ പ്രിയമുണ്ട് സുഖവും പ്രിയവും രണ്ടും വിട്ടു സുഖം എവിടെ ഉണ്ടോ അവിടെ പ്രിയമുണ്ട് പ്രിയം എവിടെ ഉണ്ടോ അവിടെ സുഖമുണ്ട് ഇത് രണ്ടും കൂടെ എവിടെ നിൽക്കണു എന്ന് അന്വേഷിച്ചാൽ എല്ലാം ആത്മാവിലാണ് നിൽക്കുന്നത് സർവം പ്രിയം ഭവതി स्वरूप अम गोपस्त्री रासक्रीडा सदर्भ भगवां गोपिक आकर्षि अवप धुई मू ഈ ജ്ഞാനികൾ വളരെ സാമർത്ഥ്യമുള്ളവരാണെന്നാണ് കുശലാഹ നല്ല ബുദ്ധിമാന്മാരാണ് എന്താന്ന് വെച്ചാൽ കുറുവന്തി ത്വരതിം കുശലാഹ സ്വത്മൻ നിത്യപ്രിയെ പതിസുതാതിപിരാർത്തിദേഹിക്കും കുശലാഹ ഈ സമർത്ഥന്മാരായ ഈ ഉത്തമഭക്തന്മാര് ആത്മാവായ അങ്ങയിൽ മാത്രം പ്രിയം വയ്ക്കുന്നു കാരണം എന്താ നിത്യപ്രിയേ നിത്യപ്രിയനാണോ അവിടുന്ന് പതിസുധാതിപിഹി ഭർത്താവാണ് ഭാര്യയാണ് കുട്ടികളാണ് ബന്ധുക്കളാണ് ഇതൊക്കെ സുഖം തരുന്നുണ്ടെങ്കിലും ആർത്തിദേഹി അതൊക്കെ തന്നെ ഒരിക്കൽ പ്രിയം തന്നിട്ട് മറ്റൊരു സമയത്ത് അത്യധികം ദുഃഖം തരും പ്രിയം തരുന്ന വസ്തുക്കളിൽ തന്നെ ദുഃഖമുണ്ട് എല്ലാവർക്കും അറിയണ കാര്യമാണ് ഏതേതിലും നമുക്ക് ഇഷ്ടമുണ്ടോ അതത് നമ്മളെ വിട്ടുപോകുമോ വിഷമിപ്പിക്കുമോ അതിനെന്തെങ്കിലും കേടുപാട് വരുമോ എന്നുള്ള പേടി എപ്പോഴും ഉള്ളിലുണ്ട് അതുകൊണ്ട് അറിവുള്ളവരെ ഒരിക്കലും കേടുവന്നു പോകാത്തതും ഒരിക്കലും വിട്ടുപോകാത്തതും നിത്യമായിട്ടുള്ളതുമായ ഭഗവാനിൽ തന്നെ പ്രിയം വയ്ക്കുന്നു സ്വ ആത്മൻ ആത്മസ്വരൂപിയായ തന്നിൽ തന്നെ പ്രിയത്തിന്റെ ഉറവിടത്തിനെ കണ്ടെത്തുന്നു അവര് സമർത്ഥന്മാരാണെന്നാണ് ഗോപികൾ പറഞ്ഞത് അവര് വളരെ സമർത്ഥന്മാരാണ് ോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക് ഈ ഗോപികാനന്ദനല്ല അഖിലദേഹിനാം അന്തരാത്മതൃക് അപ്പൊ പ്രിയത്തിന്റെ മുഴുവൻ ഉറവിടം അന്തര്യാമയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോ ആ പ്രിയം നഷ്ടപ്പെട്ടു പോവല്ല മറിച്ച് പ്രിയം തന്നെ ആയിത്തീരാ നിങ്ങളൊരു കാര്യം കണ്ടിട്ടുണ്ടോ ഈ കൊച്ചുകുട്ടികള് കുട്ടികൾക്ക് ആരെയും ഇഷ്ടമല്ല പക്ഷെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടം അനിഷ്ടമൊന്നൊന്നുമില്ല കുട്ടികളെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്താ കാര്യം എന്നുവെച്ചാൽ കുട്ടികളെ കണ്ട അവർക്ക് സംഘം ഒന്നുമില്ല കുട്ടികളോട് ഇഷ്ടമാണ് എന്താണെന്ന് വെച്ചാൽ അവര് സ്നേഹിക്കല സ്നേഹം തന്നെ ആയിത്തീരാണ് സ്നേഹിക്കലല്ല സ്നേഹം തന്നെ ആയി തീരുകയാണ് കുട്ടികളെ എന്തുകൊണ്ട് എല്ലാരും നോക്കണം ഗീതയിലെ ഒരു ശ്ലോകത്തിന് അർത്ഥം വ്യാഖ്യാനാണ് ഞാൻ ഇപ്പോ പറയുന്നത് നവമ അധ്യായത്തില് രോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ പറയുന്നത് ഒരു കൊച്ചുകുട്ടിയെ എല്ലാരും നോക്കും ഇപ്പൊ ഇവിടെ ഒരു കൊച്ചുകുട്ടി രണ്ടു വയസ്സ് കുട്ടി ഇങ്ങനെ നടന്നാൽ എല്ലാവർക്കും കൺസേൺ ആവും ആരുടെ കുട്ടിയാണ് അച്ഛൻ എവിടെ അമ്മ എവിടെ എല്ലാവരും വിചാരിക്കും ആരുവേണിയും കൊണ്ടുപോയി ആഹാരം കൊടുക്കും നോക്കും എന്താ കാര്യം അതേസമയം ഒരു വലിയ ആൾ നടന്നാൽ ഒരാളെ ശ്രദ്ധിക്കില്ല അയാൾ ആരും നോക്കാനില്ലെങ്കിലും വിഷമിച്ചാലും പറഞ്ഞാൽ അയ്യോ നമ്മൾ ഇടപെടാൻ പാടില്ല തോന്നുന്നു ഒരു കുട്ടിയുടെ കാര്യത്തിൽ എന്തോ ഒന്നും പ്രവർത്തിക്കണം അതിന് സാധാരണമായ ഒരു പ്രതിഭാസമായിട്ട് എടുക്കാൻ പറ്റില്ല യോഗക്ഷേമ ശക്തി ഭഗവാന്റെ യോഗക്ഷേമ ശക്തി ഒരു കൊച്ചുകുട്ടിയെ നോക്കുന്ന കാര്യത്തിൽ പറത്തി ഞാനൊരു വീഡിയോ ക്ലിപ്പിംഗ് കണ്ടു കോയമ്പത്തൂർ ഗീത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ അവരുടെ വീട്ടിൽ കണ്ടതാം ഒരു പുലി ഒരു കുരങ്ങൻ ഒരു പെൺകുരങ്ങിനെ പിടിച്ചു ഗർഭിണിയായ പെൺകുരങ്ങ പുലി ക്രൂരമൃഗമാണോ ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അതെങ്ങനെ പിടിച്ച് കടിച്ചു വലിച്ചു കൊന്നു ആ പെൺകുരങ്ങിനെ ഗർഭിണിയായ പെൺകുരങ്ങിനെ ആ കുരങ്ങ് പ്രസവിച്ചു ആ സമയത്ത് തന്നെ ഗർഭം കീറി കൊരങ്ങുകൂട്ടി കുട്ടിക്കുരങ്ങ് ചോട്ടിൽ പോരും അടുത്ത ക്ഷണം പുലിയുടെ ഭാവം മാറി ഈ തന്റെ എലയെ നീക്കിയിട്ടിട്ട് ആ കുട്ടിക്കുരങ്ങിനെ നക്കിത്തുടച്ച് എടുത്തോണ്ട് പോയി മരത്തിന്റെ കൊമ്പിൽ കൊണ്ടുവച്ച് ഈ കഴുതപ്പുലികളൊക്കെ അതിനെ പിടിക്കാൻ വരണു അതിനെയൊക്കെ ഓടിച്ചു വിട്ടിട്ട് ആ കഴുതപ്പുലികൾ ഇത് പിടിച്ചു വെച്ച് തിന്നണു ഇതിന് പ്രശ്നമേ അല്ല നീ എരയൊക്കെ തിന്നോളൂ ഈ കുട്ടിക്കുരങ്ങിന്റെ അടുത്ത് മാത്രം വരാൻ പാടില്ലെന്ന് അതിനെ നക്കിത്തൊടച്ച് അതിനെ തന്റെ കൈക്കുള്ളില് അടക്കി വെച്ചുകൊണ്ട് രാത്രി കിടക്കുകയാണ് ആ കുട്ടിക്കുരങ്ങ് മരത്തുനിന്ന് വീഴുവോന്ന് ഇതിന് ടെൻഷൻ പേടി ഒരമ്മക്ക് ഇത്ര കൺസേൺ ഉണ്ടാവോ അത്രയധികം ശ്രദ്ധയോടുകൂടെ ആ മരത്തിന് ഇറങ്ങി നിൽക്കുക ഈ കുട്ടിക്കൊരങ്ങനെ തള്ളി മുകളിലേക്ക് കൊടുക്കുക അതിനെ അടി അടുത്തു വെക്കുക ഉള്ളില് വെക്കുക നല്ലവണ്ണം സംരക്ഷിച്ചു പിടിക്കുക നക്കിത്തുടയ്ക്കുക അത്തിൽ മുഴുവൻ അതെന്നെ വിചാരം അതിന് കുറെ വീഡിയോ എടുത്തിട്ടുണ്ട് അവര് അതിന്റെ ശ്രദ്ധ ആ കുഞ്ഞിനോട് പുലി അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ലാതെ ഈശ്വരന്റെ രണ്ടു മുഖങ്ങളാണ് അവിടെ രുദ്രയത്തെ ദക്ഷിണം മുഖം തേനമാം പാഹിനിത്യം എന്ന് വേദത്തിലുണ്ട് രുദ്രന് ഭയങ്കരമായൊരു മുഖം മാതാവിന്റെ ഒരു മുഖം ഭഗവാന് രണ്ടു മുഖം എന്നാണ് വിശ്വരൂപത്തിൽ അർജുനൻ ശാന്തനും സൗമ്യനുമായ ഭഗവാനെ ഉഗ്രനായിട്ട് കണ്ടുപേടിച്ചുപോയി ആ ഉഗ്രഭാവമാണ് ഹിംസ അതേസമയം മറ്റൊരു ഈ കുട്ടിയോട് മാതൃഭാവം മാതൃഭാവം പുലിയുടെ അല്ല ഈശ്വരന്റെ അത് എല്ലാ അമ്മമാരിലും വരുന്ന മാതൃഭാവം ആ സ്ത്രീയുടെ അല്ല ഒരു സ്ത്രീക്ക് അമ്മ എന്താണെന്ന് അമ്മ അവിടെ വരെ അറിയില്ല അമ്മയായി കഴിഞ്ഞിട്ടും ആ പ്രതിഭാസത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്താ നടക്കണത് എന്തുകൊണ്ട് ഈ കുട്ടിയോട് ഇത്രയധികം ഇഷ്ടം വരുന്നു സ്നേഹം വരുന്നു പറയാൻ പറ്റില്ല അത് ആ അമ്മയുടെയല്ല ആ സ്ത്രീയുടെയല്ല യാവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത ആ മാതൃത്വം കാരുണ്യം അതിനെ സ്ത്രീ രൂപത്തിൽ പോലും പറയേണ്ട കമ്പാഷൻ കാരുണ്യമെന്ന് ജ്ഞാനികൾക്ക് ആത്മസാക്ഷാത്കാരത്തോടുകൂടെ ഒരമ്മയ്ക്ക് തന്റെ കുട്ടിയോട് എന്തൊരു ഭാവം വരണോ ആ ഭാവം ജഗത്തിൽ മുഴുവൻ വരുമെന്നാണെന്ന് അതിനെ ഭക്തിഭാവത്തിൽ പറയുമ്പോൾ നമ്മൾ ഈശ്വരൻ പറയും ബൗദ്ധമതത്തിലും അതുണ്ട് ബുദ്ധൻ ഈശ്വരൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഭഗവാൻ പറഞ്ഞിട്ടില്ലെങ്കിലും വ്യക്തമായൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ബുദ്ധനും നേടേണ്ടത് നേടിയപ്പോ അവർ പറയണു ഇതാണ് കാരുണ്യചക്രമുള്ളിൽ പ്രവർത്തിച്ചു എന്നാണ് അതുകൊണ്ടാണ് ഇറങ്ങി വന്നത് അപ്പൊ ആ കാരുണ്യം എന്ന് പറയുന്നത് വ്യക്തിയുടെ അല്ല വ്യക്തി വെറുമൊരു ഇൻസ്ട്രുമെന്റാണ് ആ കാരുണ്യം പ്രവർത്തിക്കാനായിട്ട് ചാനലാവുകയാണ് ആ കാരുണ്യത്തിന് ആ കാരുണ്യം എന്ന് പറയുന്നത് കാരുണ്യമാണ് ഭഗവാൻ അല്ലാതെ ഭഗവാൻ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഭഗവാൻ ഭഗവതി എന്നൊക്കെ പറയുമ്പോ ഒരു പുരുഷനോ സ്ത്രീയോ എവിടെയോ ഇരിക്കുന്നതായിട്ടൊരു സങ്കല്പം നമുക്ക് ഉണ്ടാവുകയാണ് അതിന് ഒരു സുഖം എന്താന്ന് വെച്ചാൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ കൊള്ളും പക്ഷേ അനുഭവത്തിൽ വരുമ്പോ ഭഗവാനുമാണ് ഭഗവതിയുമാണ് രണ്ടിനും അപ്പുറം ആണാണ് പെണ്ണാണ് നപുംസകമാണ് അതിനൊക്കെ അപ്പുറമുള്ളതാണോ ഒന്നും പറയാൻ വയ്യ കാരുണ്യമാണത് ഹിതശക്തിയാണ് കൃപാശക്തിയാണ് ആ ശക്തിയെ സാക്ഷാത്കരിക്ക ശൈവ സിദ്ധാന്തത്തിൽ ആത്മസാക്ഷാത്കാരം ഈശ്വര സാക്ഷാത്കാരം ഇതൊക്കെ കഴിഞ്ഞ ഒരു പറ കൃപാ സാക്ഷാത്കാരം എന്നാണ് ഈ കൃപാ സാക്ഷാത്കാരം എല്ലാത്തിനും മേലെയാണ് കൃപാസാക്ഷാത്കാരമാണ് ഇപ്പൊ ഒരു വശത്ത് എന്തിനാ ഇത് പറഞ്ഞു വന്നത് ആ കുട്ടികൾ കുട്ടികളില് എന്തു പറ്റണു കുട്ടികള് സ്നേഹിക്കുകയല്ല ചെയ്യണത് അവര് സ്വയമേവ സ്നേഹമേ ആയിത്തീരണെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സെപ്പറേഷൻ ഇല്ലാതായി അപ്പൊ ഉത്തമ ഭക്തനെ ഭഗവാൻ എങ്ങനെ നോക്കണു ഭഗവാന്റെ യോഗക്ഷേമ ശക്തി എങ്ങനെ പ്രവർത്തിക്കണു എന്നുള്ളതിനാണ് ഇത്രയും പറഞ്ഞത് അത് നമ്മൾ എവിടെയോ കുട്ടികളെ വെച്ച് പഠിച്ചാൽ ഉപനിഷത്ത് മുഴുവൻ മനസ്സിലാവും ചെറിയ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി ജീവൻമുക്തൻ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഫിനോമിനൻ ആണ് എല്ലാവരും ജീവൻ മുക്തന്മാരാണ് പക്ഷെ നമ്മള് അതിനെ അറിയാത്തത് കൊണ്ട് അജ്ഞാനത്തിൽപ്പെട്ട് വീടിന് സംസാരത്തിൽ വീഴാണ് ജനിക്കുമ്പോൾ നോക്കിയാൽ മുക്തന്റെ ലക്ഷണങ്ങൾ മുഴുവൻ കുട്ടികളിലുണ്ട് അവർക്ക് ശരീരമില്ല ജീവൻ മുക്തന്മാർക്ക് ശരീരമില്ല നമ്മൾ പറയണമല്ലോ കുട്ടികൾക്ക് ശരീരമില്ല നമ്മളാണ് അവരുടെ ശരീരത്തിനെ കാണുന്നത് ശ്രദ്ധിച്ചാൽ കാണാം അവർക്ക് ദേഹമില്ല അവരൊരു ഉണർവ് മാത്രമാണ് അവർക്ക് ആ സന്തോഷവും ആനന്ദവും ഒക്കെ ഉള്ളു ദേഹം നമ്മളാണ് കണ്ടിട്ട് നീ ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് ഞാനാണ് എന്റെ ആണ് ഇന്നവനാണ് എന്നൊക്കെ പറഞ്ഞു കുറെ കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായി കുട്ടിയൊക്കെ പഠിച്ചു എന്ന് പറയും പതുക്കെ പതുക്കെ ഇത് കൈയാണ് ഇത് കാലാണ് തലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പതു ഒക്കെയാണ് ആ ശരീരത്തിലേക്ക് ആ കുട്ടി വരണത് കുട്ടിയുടെ ആനന്ദത്തിനും ഒരു കൊച്ചുകുട്ടിയുടെ സൗന്ദര്യം അത് ശരീരത്തിന്റെ അഴകല്ല ശരീരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന്റെ അഴകാണ് ജ്ഞാനികളുടെ അലൗകികമായ സൗന്ദര്യവും ശരീരത്തിന്റെ സൗന്ദര്യമല്ല ശരീരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന്റെ സൗന്ദര്യമാണ് ദേഹത്തിന്റെ അപ്പോ ഭക്തി പ്രിയത്തിന്റെ ഉറവിടം പ്രേമം പ്രിയം എന്ന് പറയണത് അലൗകിക്കുമാണ് നമ്മളുടെ അഹങ്കാരം എത്ര പ്രവർത്തിക്കുന്നു അത്ര പ്രേമം ആസക്തിയായിട്ട് നമ്മൾ പ്രകാശി പുറത്തുവരും നമ്മളുടെ ആസക്തി അഹങ്കാരം പോകുമ്പോൾ പ്രേമമായിട്ട് മാറും േമത്തിന് ഗാതലത്തിന് കാശിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ടാങ്കിലേക്ക് കയറ്റിയിട്ട് ബാത്റൂമിലൊക്കെ ഉപയോഗിക്കും അതുപോലെ പ്രേമത്തിന് നമ്മള് ചെറിയ ചെറിയ ടാപ്പിലൂടെ മകന്റെ അടുത്തും മകളുടെ അടുത്തും എന്റെ കുടുംബത്തിന്റെ അടുത്തും എന്റെ കമ്മ്യൂണിറ്റിയുടെ അടുത്തും എന്റെ രാജ്യത്തിന്റെ അടുത്തും എന്റെ വ്യക്തിഗതമായ എന്തിനോടൊക്കെയോ വഴിതിരിച്ചുവിടുമ്പോ ആ അഖണ്ഡമായ പ്രേമ അഖണ്ഡപ്രേമ ഈ അഭംഗങ്ങൾ നാമദേവ അഭംഗത്തിൽ ഒന്നുണ്ട് അഖണ്ഡപ്രേമാ കല്ലോല എന്നാണ് ആ അഖണ്ഡപ്രേമ ഖണ്ഡിക്കപ്പെടുകയാണ് അത് എവിടെയോ ഒരിടത്ത് ഒരു വ്യക്തി ഒരാള് ഒന്നിനോട് അഖണ്ഡപ്രേമ अखंड प्रेम आत्मस्वरूप अगवत्वूपान अवमार अवे शिवमद यार अगार अंपे शिवम यार अंद अम्दारे तिरुमूलर पर തിരുവനന്തപുരത്തിലെ ഒരു പാട്ടാണ് അൻപും ശിവമും ഇരണ്ടെൻപാർ അറിവില്ല ഭഗവാൻ വേറെയാണ് പ്രേമ പ്രിയം വേറെയാണെന്ന് പറയണവൻ രണ്ടിനെയും കണ്ടിട്ടില്ല എന്നാണ് ശിവമെന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം ഭക്തി വേറെയാണെന്ന് പറയണവൻ രണ്ടിനെയും കണ്ടിട്ടില്ല എന്നാണ് ജ്ഞാനവും ഭക്തിയും ഒന്നാണെന്ന് ഉണ്മ്മയായി അറിഞ്ഞവരറിയണു അറിഞ്ഞു കഴിഞ്ഞാൽ അവര് ജ്ഞാനവും ഭക്തിയും ഒന്നായിട്ട് തന്നെ ഉള്ള സ്വസ്വരൂപത്തില് ഇരിക്കുന്നു ജ്ഞാനം എന്നുള്ളത് ചിത്കലയാണ് ഭക്തി എന്നുള്ളത് ആനന്ദകലയാണ് ഈ ചിത്കല മാത്രമായിട്ടോ ആനന്ദകല മാത്രമായിട്ടോ പ്രകാശിക്കില്ല രണ്ടും കൂടിയേ വരുള്ളൂ പക്ഷെ ചിലരിൽ ജ്ഞാനത്തിന്റെ പ്രാമുഖ്യം പുറത്തേക്കുണ്ടാവും ചിലരിൽ ഭക്തിയുടെ പ്രാമുഖ്യം പുറത്തേക്ക് ഉണ്ടാവും പക്ഷെ വിശ്വരൂപദർശനം അർജുനന് കാണിച്ചു കൊടുത്തപ്പോ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ മുഴുവൻ തന്നെ സ്വരൂപമായിട്ട് അർജുനന് കാണിച്ചു കൊടുത്തു വിശ്വശുത വിശ്വത്തോ മുഖോ വിശ്വത്തോഹസ്ത വിശ്വതസ്ാത് സമ്പാഹുഭ്യം നമതി സമ്പതീ ദ്യാ പൃഥി ജനയന്ദ വിശ്വതശക്ഷുഹൂത വിശ്വത്തോമുഖ എവിടെ നോക്കിയാലും കണ്ണും ജവിയും ഒക്കെ ഇത് മുഴുവൻ കാണുന്നത് മുഴുവൻ ഭഗവത് സ്വരൂപമാണെന്നുള്ളത് ജീവൻ മുക്തന്മാർക്ക് സഹജമായ ദർശനം ഭഗവാനിൽ നിന്ന് അന്യമായി അവരൊന്നും കാണുന്നില്ല ഭാഗവതത്തിൽ കൃഷ്ണൻ പറഞ്ഞു വിശ്വം ഏകാത്മകം പശ്യൻ प्रकृतपुरुषेण प्रकृतिपुषनुमे जगत मुत्मस्वरूप का निरंतर सर्वं ब्रह्मात्मक तस् विद्यत्मी पिपश्यन उपरमे सर्वतो मुक्त संशय संशय सकल परमात्मस्वरूप में कपरमू न ദർശനം അർജുനന് ഭഗവാൻ വിശ്വരൂപ ദർശനം കൃപ കൊണ്ട് സാധിച്ചു കൊടുത്തു ഈ പാസ്പോർട്ട് വിസയൊന്നുമില്ലാതെ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് പോണ പോലെയാണത് പരിഭാഗപ്പെട്ടിട്ടില്ല പക്ഷെ കാണിച്ചു കൊടുത്തു ചിലപ്പോ സത്സംഗത്തിലൊക്കെ ഇരിക്കുമ്പോഴോ മറ്റോ നമ്മൾക്ക് കിട്ടി എന്ന് തോന്നും അപ്പോ കഴിഞ്ഞു തോന്നും അത് കഴിഞ്ഞ് പുറത്തു പോകുമ്പോ ഇല്ലാത്ത പോലെയും തോന്നും രാമകൃഷ്ണ പരമഹംസരെ വിവേകാനന്ദ സ്വാമികൾ ചെന്ന് കാണുമ്പോൾ ആദ്യമായിട്ട് നരേന്ദ്രനാഥ് ദത്ത ചെന്ന് കാണുമ്പോ ശ്രീരാമകൃഷ്ണദേവൻ ഒന്ന് തൊട്ടു എത്ര അദ്ദേഹത്തിന്റെ ലോകമൊക്കെ പറഞ്ഞു പോണതായിട്ടും ഒക്കെ ഒരു കട്ടയായിട്ട് തൽക്കാലത്തേക്ക് തോന്നി പേടിച്ചു പോയി എന്നാണ് എന്ന് വെച്ചാൽ അഭിമാനം പോകാത്ത ആൾക്ക് ഭയം തോന്നും പേടിച്ചതേ നിലവിളിച്ചു പരിഭാഗപ്പെടാത്ത സമയത്ത് അത് കിട്ടിയാൽ നമ്മൾ നിലവിളിക്കുകയും പേടിക്കുകയൊക്കെ ചെയ്യും അത് തന്നെ പതുക്കെ പതുക്കെ പതുക്കെ വിചാരം കൊണ്ടുമൊക്കെ സാധിച്ചെടുക്കണം വിശ്വത്തിന് മുഴുവൻ ഭഗവത് സ്വരൂപമായിട്ട് ആര് കാണുന്നു അവൻ ഇനിയും ധ്യാനമോ സാധനയോ കണ്ണടച്ചിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല ഒന്നും വേണ്ട അയാൾക്ക് സകലതും ഭഗവത് സ്വരൂപമാണ് അയാൾക്ക് ധ്യാനം കൊണ്ട് ഇനി പ്രയോജനമല്ല കാണുന്നതൊക്കെ ഭഗവാനാണ് കേൾക്കുന്നതൊക്കെ യാതൊന്നു കാണുമ്പത നാരായണ പ്രതിമ യാതൊന്നു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്തതും നാരായണാർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായന ഇത് പൂർണ്ണ ജീവൻ മുക്തന്റെ അനുഭവമാണ് കണ്ണു മൂടിയാലും കണ്ണു തുറന്നാലും നാമരൂപങ്ങളോടുകൂടെ ഇരിക്കുന്ന മാനിഫെസ്റ്റഡ് വേൾഡ് നാമരൂപങ്ങളോടുകൂടി ഇരിക്കുന്നതും നാമരൂപമില്ലാത്ത കേവല ചിത്തുമൊക്കെ ഒരേ വസ്തുവാണ് ഇത് അത് അത് ഇത് ഈ നിലയിൽ സാധനകളൊക്കെ ഒഴിഞ്ഞു വിരമേത യോഗാത് ഭാഗവതത്തിലെ ഋഷഭൻ ഉപദേശിച്ചിട്ട് പറഞ്ഞു യോഗമൊക്കെ ഇനി വിടുക എന്നാണ് കഴിഞ്ഞു ഞാൻ അത് വെച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ഒരു അഹം അവിടെ ഉണ്ടാവും അതും വിട്ടുകൾ വിരമേത യോഗാദും പക്ഷേ ഭഗവാൻ ഈ വിശ്വരൂപ ദർശനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുനൻ ഇനിയും അത് അനുഭവമായിട്ടില്ല ഈ കാണുന്നത് ഭഗവാനാണ് ഭാഗവതത്തിലെ അവസാനത്തെ ഉപദേശമാണ് എനക്ക് ഈ കാണുന്നത് ഭഗവാനാണെന്ന് ഓർത്തുകൊള്ളുക എന്നിട്ട് നാമരൂപത്തോടെ കാണുന്ന ഭഗവാനെ ഇത് ഭാഗവതധർമ്മവും അതാണ് നാമരൂപത്തോടുകൂടെ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ എല്ലാറ്റിലും ഭഗവാനാണെന്ന് ഓർത്തുകൊണ്ട് നിഷ്കാമമായി നിസ്സംഗമായിട്ട് സേവ ചെയ്യാം കർത്തൃത്വമില്ലാതെ ആ ഭഗവാനെ ഉപാസിക്കുക ആരാധിക്കുക ഭാഗവതന്മാരൊക്കെ ആ സ്ഥിതിയിലെത്തിയവരാണ് സകലത്തിനെയും ഭഗവത് സ്വരൂപമായിട്ട് കണ്ടുകൊണ്ട് ഉപാസിക്കുക എന്നാണ് ഉപാസന വേറെ ദർശനം വേറെ ഉപാസന ക്രമേണ ക്രമേണ അത് അനുഭവമായിട്ട് സഹജ ആത്മനിഷ്ഠയായിട്ട് തീരും അപ്പൊ ഇവിടെ കണ്ണടച്ചിരിക്കലും ഉള്ളിലുള്ള നിർഗുണമും ഗുണാതീതവും നിർഗുണമെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഉടനെ തോന്നുന്നു ഗുണമില്ലാത്തതെന്നാണ് തോന്നുന്നത് ഇലക്ട്രിസിറ്റി മാതിരി ഒരു സാധനമാണോ എന്ന് തോന്നുന്നു നിർഗുണമെന്ന് പറഞ്ഞാൽ ആനന്ദ സ്വരൂപം എന്നാണ് അർത്ഥം നിർഗുണമെന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തതെന്ന് ധരിക്കണ്ട ഭാഷയിലുള്ള കുഴപ്പമാണത് സത്വഗുണം കൊണ്ടോ രജോ ഗുണം കൊണ്ടോ തമോ ഗുണം കൊണ്ടോ കളങ്കപ്പെടാത്തതെന്നാണ് അർത്ഥം അല്ലാതെ നിർഗുണമെന്ന് വെച്ചാൽ ഗുണമില്ലാത്തതെന്നല്ല അർത്ഥം ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിൽ പോലും അവര് നിർഗുണം എന്ന് പറയുമ്പോ അവർക്ക് കുറച്ച് വ്യത്യാസമുള്ളൂ അദ്വൈതത്തിൽ ചെറിയ ചെറിയ ഭേദങ്ങളാണ് അവിടെയും ശ്രീരാമാനുജൻ എന്ന് പറയുന്നത് നിർഗുണരസം എല്ലാത്തിനേക്കാളും വലിയ രസമാണെന്നാണ് അവരതിനെ രസമായിട്ട് കൽപ്പിക്കണോ അത്രയേ ഉള്ളൂ ആ നിർഗുണമെന്ന് പറയണത് ഗുണാതീതമായ ചിത്തിന്റെ അനുഭൂതിയാണ് ആനന്ദമാണ് പക്ഷേ അത് ഉള്ളില് ഗുണാതീതമായ കേവലമായ ആത്മസ്വരൂപത്തിനെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് പുറമേക്ക് പ്രപഞ്ചത്തിനെ കാണുന്നു വ്യക്തികളെ കാണുന്നു ഭാര്യ ഭർത്താവ് കുട്ടികള് ഒക്കെയുണ്ട് പഴ ലോകത്തിൽ ജോലിയുണ്ട് ഗൃഹസ്ഥന്മാരാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഭാഗവതധർമ്മം നിങ്ങളൊന്നും ഉപേക്ഷിക്കണ്ട എവിടെ ഇട്ടിട്ട് എവിടെയും പോവാനില്ല പോവാനോട്ട് പറ്റുകില്ല പ്രാരബ്ധട്ട് സപഥിക്കുമില്ല നമ്മൾ പോയാൽ വേറെ വഴി വരും അത് അതുകൊണ്ട് എവിടെ ഇരിക്കണോ അവിടെ ഇരിക്കാം ഭഗവാനെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് അന്വേഷിച്ചു പോവാനില്ല മത്കർമ്മത് മത്പരമ മത്ഭക്ത സങ്കവർജിത മന്മനാഭവ മത്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേവേഷ്യസി യുക്തമാത്മാനം മത്പരാണ എന്ന് ഒമ്പതാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു മന്മനാഭവ മത്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മത്കർമ്മ മത്പരമ മത്ഭക്ത സംഗവർജിത ഇതിൽ ഭഗവാന്റെ കർമ്മം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യണം നമ്മള് പൂജ ചെയ്യണം ചന്ദനം തിരി കാണിക്കണം കർപ്പൂരാരത്തി കാണിക്കണം അപ്പൊ നമ്മൾ എങ്ങനെ ജോലി ചെയ്യും നമ്മൾ എങ്ങനെ ഊണ് കഴിക്കും ലോകത്തിലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും മത്കർമ്മ കൃത് ഭാഗവത ധർമ്മം എന്താന്ന് വെച്ചാൽ എന്ത് കർമ്മമാണോ നമുക്ക് പ്രാരബ്ധം കൊണ്ട് വിധിച്ചു കിട്ടിയിരിക്കണത് അതിന് നമ്മളുടെ കർമ്മമാണെന്നേ ധരിക്കേണ്ട അർജുനൻ തേരോടിക്കണ ജോലി കൃഷ്ണന്റെ കയ്യിൽ കൊടുത്ത പോലെ തേരോടിക്കല് പൂജയാണോ തേരോടിക്കണ ജോലി കൃഷ്ണന്റെ കയ്യിൽ കൊടുത്ത പോലെ കൃഷ്ണൻ അർജുനനോട് പറയണത് യുദ്ധം ചെയ്യണ ജോലി ഞാൻ ചെയ്തോളാം നീ നിന്ന് തന്നാ മതി എന്നാണ് നിമിത്തമാത്രം ഭവസവ്യസാചിൻ യുദ്ധം ചെയ്യാന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടറിൽ കൊട്ടണതിനേക്കാളും ഭയങ്കരമല്ലേ അല്ലേ കമ്പ്യൂട്ടറിൽ കൊട്ടണത് ആരും ഹിംസിക്കണമെന്നില്ല നമ്മള് അതാണല്ലോ ഇപ്പൊ എല്ലാരും അധികം ചെയ്യണ ജോലി അപ്പോ യുദ്ധം ചെയ്യാന്ന് വന്ന കുത്തും കൊല്ലൂക്കോണം അതിനെ പോലും ഭഗവാൻ പറയണത് നിമിത്തമായിട്ട് നിൽക്കൂ മത്കർമ്മമാണെന്ന് അറിഞ്ഞുകൊള്ളുക എന്റെ കർമ്മമാണെന്ന് പറഞ്ഞു ചെയ്തുകൂടാ വെച്ചാൽ പോയി യുദ്ധം ചെയ്യാൻ പോയിട്ട് ഭഗവാന്റെ കർമ്മമാണെന്ന് ധരിക്കാനല്ല അവനവന് പ്രാരബ്ധം കൊണ്ട് നിയമം നിയതി വഴിക്ക് കിട്ടിയിട്ടുള്ള കർമ്മത്തില് കർത്തൃത്വമില്ലാതെ അത് ഭഗവാനാണ് ചെയ്യണത് ഞാനല്ല എന്നറിയുന്നതാണ് മത്കർമ്മം ഒരിക്കൽ കൂടി പറയാം അവനവന് പ്രാരബ്ധം കൊണ്ട് അടുക്കളപ്പണിയോ